അക്രമം ചെയ്ത ഓരോ ആത്മാവിനും ഭൂമിയിലുള്ളതെല്ലാം സ്വന്തമായിരുന്നെങ്കിൽ അത് നൽകി അവർ മോചനം തേടുമായിരുന്നു ശിക്ഷ കണ്ടപ്പോൾ അവർ പശ്ചാത്താപം രഹസ്യമാക്കി അവർക്കിടയിൽ നീതിയോടെ വിധിതീർക്കപ്പെട്ടു അവർ ദ്രോഹിക്കപ്പെടുകയുമില്ല